ൂടാമണിരം ദക്ഷിണാമൂർത്തിരിവ്യസംഖരശക്തി സത്യാദ്രതപോല വിപ്രതിപത്തിസ പ്രകൾ തീപിതാ വിതുഷ പ്രഖന ഭിന്നേ സ്വപ്ശിത അവേദ്യത്വ സ്ഥിതി അപരോക്ഷ വ്യവഹാര യോഗ്യത്വം ലക്ഷംക്ഷഹാരത്വം എന്ന് പറഞ്ഞാൽ ഘടാദികളെ പോകും അത് പോകാതിരിക്കാൻ അവേദ്യത്വം അവേദ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളെ പോകും അതുകൊണ്ട് അപരോക്ഷോഹാരോഗ്യത്വം അപരോക്ഷഹാരോഗ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികളെ പോകത്തില്ല ധർമാദികളെ അപരോക്ഷോഹാരോഗ്യം അവസരോക്ഷോഹരോഗ്യത്വം ലക്ഷണമായി പൂർവക്ഷരുന്ന അവേദ്യത്വം മതി ധർമാദികളെ പോകത്തില്ല ധർമാദികൾ ശ്രുതി ഗമ്യമാണ് അതുകൊണ്ട് അവേദ്യമല്ല അവേദ്യം എന്ന് പറഞ്ഞാൽ അവേദ്യത്തിന്റെ ലക്ഷണം സമന്വയിക്കും വേദ്യത്തെ ലക്ഷണം സമന്വയിക്കും ധർമാദികളും വേദ്യമാണ് വേദത്തിൽ നിന്നറിയാം എന്ന് പൂർവക്ഷി പറയും അപ്പം പൂർവക്ഷ ഇവിടെ ഞാന വിഷയത്വം ഞാൻ അഭിഷയത്വം എന്ന് അർത്ഥം എടുത്തുകൊണ്ടാ പറയും വേദ്യം എന്ന് പറഞ്ഞാൽ ഞാനവിഷയത്വം അവേദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിഷയത്വം ധർമാദികളും ഞാൻ വിഷയമാണ് വേദ്യമാണ് അപ്പം അവേദ്യം എന്ന് മാത്രം പറഞ്ഞാൽ അതിൽ പോകത്തില്ല അനുസാധനം പറഞ്ഞു ഇവിടെ വേദ്യ അവേദ്യം എന്ന് പറയുന്നത് ഫലവ്യാപ്തി വീർത്തി വ്യാപ്തിയെ എടുത്തുകൊണ്ടാണ് ആ വേദ്യം എന്ന് പറയുമ്പോ ഫലവ്യാപ്തി ഇല്ല വേദിയെന്ന് പറയുമ്പോ ആ വേദ്യം എന്ന് പറയുമ്പോ അവിടെ ഘടാദികൾ വേദ്യമാണ് അവിടെ വൃത്തിവ്യാപ്തി ഉണ്ട് ഫലവ്യാപ്തി ഉണ്ട് വൃത്തിവ്യാപ്തി അത് മുഖ്യം വൃത്തിവ്യാപ്തി അവിടെ ഫലവ്യാപ്തിയും വരും അതുകൊണ്ടിവിടെ അവേദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഫലവ്യാപ്തി ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോ ധർമാദികളിലും ഫലവ്യാപ്തി ഇല്ല അതുകൊണ്ട് അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലവ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് ധർമാദികളിലും പോകും അത് വേദ്യമല്ല അവേദ്യമാണ് അടിവ്യാപ്തി ഉണ്ടാവും അവേദ്യം എന്ന് മാത്രം പറഞ്ഞു അതുകൊണ്ട് അപരോക്ഷര യോഗ്യത്വം എന്ന് പറയണം അപ്പോ ധർമാദികളിൽ പോകുന്നില്ല ധർമാദികൾ അപരോക്ഷ വ്യവഹാരം അല്ല ധർമ്മാരും അവരോക്ഷം എന്ന് പറയുന്നുണ്ട് അപ്പോ ചിതാത്മാല അവത്വം ഉണ്ട് അവരോക്ഷ വ്യവഹാരോഗ്യത്വം ഉണ്ട് അതെന്നി വിശദീകരിക്കും എന്താണ് കൂടുതൽ വിശദീകരിക്കും ഇത്രയും പറഞ്ഞപ്പോഴാണ് പറയുന്നത് അവേദ്യമെന്ന് പറഞ്ഞാൽ മതി ദോഷമൊന്നുമില്ല അവഞ്ഞാ പറഞ്ഞാൽ ധർമാതി പോവുമല്ലോ സിദ്ധാന്തി പറയണം അവേദ്യമാണല്ലോ അല്ല അത് യോഗി പ്രത്യക്ഷ കിപ്രത്യക്ഷത് വേദ്യമാണ് അവിടെ പോകത്തില്ല എന്ന് പറഞ്ഞു യോഗിക്കനപ്രത്യക്ഷമാവും യോഗി സർവജ്ഞനാണ് പറയുന്നു യോഗി സർവജ്ഞനല്ല സർവം അറിയാൻ കഴിയത്തില്ല യോഗ്യമായ വിഷയങ്ങളെ അറിയാൻ പറ്റും അല്ലാത്തതിനെ അറിയാൻ പറ്റില്ല ധർമാദികൾ യോഗ്യപ്രത്യക്ഷ യോഗ്യമല്ല അതുകൊണ്ട് ധർമാദികൾ യോഗിക്ക് പ്രത്യക്ഷമല്ല അതുകൊണ്ട് ധർമാദികൾ അവേദ്യമാണ് അതുകൊണ്ട് അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളിൽ പോകും വീണ്ടും പറയും സിദ്ധാന്തി അനന്ത പ്രമാണം യോഗി സർവജ്ഞനെന്ന ആര് പറഞ്ഞു യോഗശാസ്ത്രങ്ങളിലും മറ്റേ യോഗി സർവജ്ഞനെന്നാ പറയുന്നു എന്നത് ഞങ്ങൾക്ക് പ്രാമാണികനായിരിക്കുന്നത് എന്താണ് വേദത്തെ വ്യാഖ്യാനിച്ച കുമാരുള്ള ഭട്ടനാണ് വൈദികജ്ഞാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രമാണമായിരിക്കുന്നു അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നു എത്രാപ്യതിശയോ ദൃഷ്ടോ സസ്വർധാനതി ലംഘന രൂപേ ശ്രോത്രവർത്തി ചെയ്തുകൊണ്ടൊരിക്കലും രൂപത്തെ കാണാൻ കഴിയത്തില്ല കണ്ണുകൊണ്ട് ദൂരെയുള്ളതിനെ സൂക്ഷ്മത്തെ അറിയാൻ കഴിയും ആ സർവജ്ഞത്വത്തെ അംഗീകരിക്കാൻ പറ്റും ഇപ്പോ യോഗിക്ക് യോഗ്യമായ ഒരു വിഷയമല്ല ധർമാധർമാദികൾ അതുകൊണ്ട് ഒരിക്കലും യോഗിക്ക് ധർമാധർമാദികൾ പ്രത്യക്ഷം ആകുന്നില്ല അതുകൊണ്ട് അവേദ്യമാണോ വീണ്ടും അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളിൽ പോകും അത് പരിഹരിക്കുന്നതിന് അപരോക്ഷകാര യോഗ്യത്വം എന്ന് പറയണു അപ്പൊ ലക്ഷണമായി എന്താണ് അവേദ്യത്വ സതിരോക്ഷകാരോഗ്യത്വം ഇത്രയും നല്ലവണ്ണം ധരിച്ചിരിക്കുന്ന ഈ പറഞ്ഞ കാര്യം സ്വാമി ഇവിടെ ഈ വേദപ്രമാണി അംഗീകരിക്കുന്നവരാണല്ലോ താർഹികന്മാർ ികന്മാരും വേദപ്രാമാണെ അംഗീകരിക്കുന്നവരാണ് അതിൽ വേദത്തിനെ തന്നെ എടുക്കാതെ വേദത്തിന്റെ ഒരു വ്യാഖ്യാതാവിന്റെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ സിദ്ധാന്തി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താർക്കികനെ അംഗീകരിക്കണമോ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വേദം പ്രമാണുള്ളതുകൊണ്ടെന്ന് പറയണം അപ്പൊ യോഗീ പ്രമാണെന്ന് പറയാൻ പറ്റില്ല രണ്ട് രണ്ട് കാര്യമാണ് വേദത്തെ പ്രമാണമായി സ്വീകരിക്കാം വേദത്തിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ശരി വേദത്തെ വ്യാഖ്യാനിച്ചാൽ എന്ത് പറഞ്ഞു വേദത്തിൽ പറയുന്നില്ല പിന്നെ പറയുന്ന എന്താണ് യോഗിപ്രത്യക്ഷമാണ് അപ്പൊ യോഗിപ്രത്യക്ഷം പറയണ യോഗിപ്രത്യക്ഷമാണ് അത് എങ്ങനെ പറഞ്ഞു അത് പറഞ്ഞല്ലോ അത് ഈശ്വരൻ യോഗിയോട് പറഞ്ഞു എന്നുവെച്ചാൽ അത് വേദമാണ് അല്ല എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വേദം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് വേദമൂലക അപ്പൊ ഒരു വിശിഷ്ടാദ്വൈതയും അദ്വൈതയും കൂടി സംസാരിക്കുമ്പോൾ ഉപനിഷത്തിന് ശ്രുതിയെ പ്രമാണമായി സംസാരിക്കുമ്പോൾ ശങ്കരാചാര്യ ഭാഷ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാമോ അത് പറഞ്ഞ അവർ അംഗീകരിക്കുന്നു അതേപോലെ ഇവിടെ ഇവിടെ ഈ കുമാരന ഭട്ടം പറഞ്ഞു അല്ലേ പറയുന്നത് അത് വേദത്തിന്റെ കുമാരന ഭട്ടന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സർവദൃശ്ശെന്ന് നിങ്ങൾ ആ വേദത്തെ പ്രമാണമൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് പറയണം നിങ്ങൾ എവിടെ പറഞ്ഞിരിക്കുന്നു വേദത്തെ ആഗമപ്രമാണത്തെ അനുസരിച്ചാണ് പറയുകയാണെങ്കിൽ അത് പറയണം യോഗി അങ്ങനെയാണെങ്കിൽ യോഗിയല്ല പ്രമാണവിടെ ആഗമമാണ് മനസ്സിലായേ യോഗി ആഗമത്തെയും പ്രമാണമായി സ്വീകരിക്കേണ്ട കാര്യമുണ്ട് അപ്പോ യോഗിയെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിലും അവസാനം ഇവിടെ എത്തേണ്ടി വരും ആഗമത്തെ സ്വീകരിച്ചാ അല്ലെങ്കിൽ യോഗയ്ക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയേണ്ടി യോഗ്യന്തരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണ് ദോഷം അന്ധപരമ്പരാ ദോഷം ആഗമമാണെങ്കിൽ ആഗമത്തെ പ്രമാണമായി സ്വീകരിക്കുക യോഗിയല്ല അവിടെ പ്രമാണം ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷെ ആഗമത്തിലില്ലെന്നാണ് കുമാരനവട്ടം പറഞ്ഞിരിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു സർവജ്ഞത്വം അത് പറയുന്നില്ലാത്തോണ്ടാണല്ലോ ആ ചർച്ച അവിടെ നിന്നത് ശ്രുതിവാക്യം യെസ്മിൻ വിജ്ഞാതെ സർവം വിജ്ഞാതം അങ്ങനെ ഉണ്ടല്ലോ എസ്മിൻ വിജ്ഞാനി സെൽവം വിജ്ഞാതം അതുപോലെ വാക്യത്തെ ഇവരെടുത്ത് പറഞ്ഞിട്ട് പ്രമാണം പറ്റർ പറയണ്ടേത് എന്നൊക്കെ പറയുന്നല്ലേ അതാരെ കുറിച്ചാണ് അപ്പൊ അത് എന്റെ അർത്ഥം ഏതെങ്കിലും വ്യാഖ്യാനം ഉള്ളത് അത് താർക്കീൻ അതൊക്കെ എടുത്ത് പറയാൻ പറ്റുമോ അതൊന്നും താർക്കി അംഗീകരിക്കുമോ സർവജ്ഞത്വത്തിന് ഏഹ് താർക്കീനന്റെ പൂർവപക്ഷി ഇവിടെ താർക്കീന അതൊക്കെ എടുത്തിട്ട് അദ്വൈതം പറയാൻ പറ്റുമോ അത് അവർക്ക് സമ്മതമാണോ സർവജ്ഞത്വം സർവജ്ഞത്വം എന്നുള്ളതിന് ശ്രുതില അത് സർവജ്ഞത്വം എന്ന് പറയുന്നത് അവരംഗീകരിക്കില്ലേ താർക്കികൻ അംഗീകരിച്ചാലേ പറ്റൂ അല്ലെങ്കിൽ യോഗി അംഗീകരിക്കില്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ വരും എവിടുന്നായി എവിടുന്നു കിട്ടി എന്ന് ചോദിക്കത്തിട്ട് സർവജ്ഞത്വത്തെ അംഗീകരിച്ചോണ്ടാണല്ലോ അവിടെ പുറോഷൻ വരുന്നത് യോഗി സർവജ്ഞനാണ് യോഗി സർവജ്ഞനാണെന്നുള്ളത് അംഗീകരിച്ചല്ലോ അംഗീകരിച്ചല്ലേ പുറോക്ഷി വരുന്നത് അപ്പൊ അവിടെ യോഗികളായിക്കോട്ടെ പൂർവ്വപക്ഷം അതിന് ചോദ്യം ചോദിക്കുന്ന സമാനം പറയണ്ടേ എവിടുന്നു വന്നി കറുവജത്ത് അതൊന്നും ശരിയാകത്ത സാഖ്യദർശനത്തിന് ഉള്ളേ സാഖ്യ ദർശനം യോഗം സാഖ്യത്തെ യോഗ സാഖ്യം സാഖ്യത്തിനെ കുറിച്ച് ഇല്ല ഇവർക്ക് സാങ്കു പറഞ്ഞു കഴിഞ്ഞാലും അതാരും പറഞ്ഞു കപിലൻ പറഞ്ഞു കപിലൻ ആരോ യോഗിയാണ് വീണ്ടും എന്തോരം കപിലൻ എവിടെ നിന്ന് കിട്ടി അന്തപരമ്പര വരും അതിന് കപിലം വരെ കൊണ്ട് പതഞ്ജലി ഉണ്ടല്ലോ പതഞ്ജലിക്കുണ്ടായ വിശിഷ്ടമായ സംസ്കാരം കൊണ്ടാണ് ഈ ശക്തി ഉണ്ടായതെന്ന് പറയുമ്പോൾ പതഞ്ജലി ആ സംസ്കാരത്തെ എവിടെ നിന്ന് അറിഞ്ഞു എന്ന് ചോദിക്കും അറിഞ്ഞല്ലേ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും യും പതഞ്ജലിയുടെ ഗുരു പറഞ്ഞു പാന്തപരമ്പ അല്ല ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യാശ്രീ വേദത്തിലുണ്ടോ എന്നുള്ള കാര്യം വേദത്തിലിപ്പം അദ്വൈതയെ സംബന്ധിച്ച് പ്രാമാണികമായ വ്യാഖ്യാനമാണ് ഇത്തരം കാര്യങ്ങൾ കുമാരന്റെ ഭട്ടൻ വ്യവഹാരം ഭട്ടമതം കുമാരന്റെ ഭട്ടം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊന്നും അംഗീകരിക്കത്തില്ല അദ്വൈതത്തിന്റെ കാര്യത്തിൽ വരെ ബാക്കി വൈദികമായ അറിവെല്ലാം മീമാംസകരെയണക്കിന് തുടരുന്നു അതും ഭട്ടമതാണ് ഇത് ചർച്ച ചെയ്യാന്ന് വെച്ചാൽ വെറുതെ ഭാവന അനുസരിച്ചല്ല ശാസ്ത്ര പ്രമാണമനുസരിച്ചാണ് അങ്ങനെ വരുമ്പം വെറുതെ തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല വിവരൊക്കെ ഇടന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് പുറത്താവും തർക്കുത്തരം പറയാൻ ഒക്കത്തില്ല നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാന്ന് പറയാം ശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് പറയുന്നു അപ്പോ അവ വൈദ്യത്തെ സ്ഥിതി അപരോഷ വീണ്ടും ദോഷം പറയുന്നു അടുത്തോക്ഷോഹരോഗ്യവ്യക്തമാകുന്ന ഒരു സ്ഥലം അജ്ഞാനത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത് ഒന്നത് അപരോക്ഷയോഗ്യമാണ് അഹം അജ്ഞാ ഇത് അപരോക്ഷജ്ഞാനമാണ് പ്രത്യക്ഷ ജ്ഞാനമാണ് അതിൽ അപരോക്ഷയോഗ്യത്വമുണ്ട് അവേദ്യമാണ് കാരണം അജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷിയിൽ അധ്യസ്ഥമാണ് ഉള്ളിലിരിക്കുന്ന ചൈതന്യം സാക്ഷി ചൈതന്യം അതിൽ അധ്യസ്ഥമാണ് എന്ന് പറഞ്ഞാൽ അധ്യസ്ഥം എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രിയവാരളുത്തി പുറത്തുപോയി തഥാകാരമായി പ്രണമിച്ച് ചിതാഭാസം വന്ന് അങ്ങനെ പ്രകാശിപ്പിക്കുന്നില്ല പിന്നെയോ സാക്ഷിയിൽ അധ്യസ്ഥമായതുകൊണ്ടത് അപരോക്ഷം അപ്പൊ അപരോക്ഷോഹാര യോഗ്യത്വം അതിനകത്തുണ്ട് അവേദ്യ വൃത്തിവ്യാപ്തിയില്ല അജ്ഞാനത്തിന് വൃത്തിവ്യാപ്തി ഉണ്ടോ അല്ല ഫലവ്യാപ്തി ഉണ്ടോ ഫലവ്യാപ്തില്ല വൃത്തിവ്യാപ്തി വൃത്തിവ്യാപ്തിയിലുള്ള കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോട്ടെ പല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഫലവ്യാപ്തി എന്തായാലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണോ ഫലവ്യാപ്തി ഇല്ലാതിരിക്കുക അപ്പോ ഫലവ്യാപ്തി ഇല്ലെങ്കിൽ അജ്ഞാനത്തിൽ അവൈദ്യത്വം ഉണ്ട് അവൈദ്യമാണ് നമ്മുടെ അനുഭവത്തിലുണ്ട് ഞാൻ അജ്ഞനാണ് അഹം അജ്ഞ ഇത് അപരോക്ഷമായ അനുഭവമാണ് അപരോക്ഷ യോഗ്യത്വം ഉണ്ട് ചിതാത്മാവിന്റെ ലക്ഷണാജ്ഞാനത്തിൽ പോയി ഫലവ്യാപ്തില്ല ഫലവ്യാപ്തില്ല ഫലവ്യാപ്തി എന്ന് പറഞ്ഞ് ഇല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു ചിതാഭാസം സാക്ഷി ഭാസ്യം ചിതാഭാസൻ വൃത്തി സദാകാരത്തിൽ വ്യാപിച്ച് ചിതാഭാസം പ്രകാശിപ്പിക്കുന്നിടത്ത് എന്തോ ഒരു അതൊന്നും ഉള്ളിലല്ലേ അതൊന്നും സംഭവിക്കുന്നില്ല ചിതാഭാസം എന്ന് പറഞ്ഞാൽ അന്ധക്കണ്ണത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ചൈതന്യം സാക്ഷി എന്ന് പറയുമ്പോ ഏത് ചൈതന്യമാണോ പ്രതിഫലിച്ച അതാണ് സാക്ഷി ഉള്ളിലിരിക്കുന്ന സാക്ഷി ആത്മാവ് കൂടസ്ഥൻ തുരീയൻ എന്നൊക്കെ പറയുന്ന ഏതോ അത് അത് സ്വയംപ്രകാശമാണ് സാക്ഷിയിൽ അധ്യസ്ഥമായിട്ടാണ് അന്ധക്കരണവും അതിൻ്റെ ധർമ്മങ്ങളും എല്ലാം അനുഭവപ്പെടുന്നത് അത് അജ്ഞാനം ഇനി അന്ധക്കരണം മനസ്സ് സാക്ഷിയിൽ അധ്യസ്ഥമാണ് മനസ്സ് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് പിന്നെ അവിടെയുള്ള സുഖം ദുഃഖം ഇച്ഛ അതും എന്താണ് സാക്ഷികളധ്യസ്ഥോ അവിടെയും വൃത്തിവ്യാപ് വൃത്തിവ്യാപ്തിട്ടെ ഫലവ്യാപ്തിയില്ല അവിടെ ഫലവ്യാപ്തി ഇല്ല അവിടെ അപ്പോ അവിടെ എന്താണ് അവേദ്യമാണ് സോതുക്കാതികളാണ് പിന്നെ അപരോഷോഹാരമുണ്ട് അഹം സുഖി അഹം ദുഃഖി ഇച്ഛാവാൻ അഹം അപരോഷകാര യോഗ്യത ഉണ്ട് അവസ്ഥ അപരോഷം ഇവിടെ എല്ലാം പോയി നിതം അല്ലാതെ പോകുന്ന സ്ഥലമാണ് അദ്വൈതികളുടെ സ്വന്തമായ ുടെ സ്വന്തമായ രജിസർപ്പത്തിലെന്താണ് അവിടെ വൃത്തി ഫലവ്യാപ്തി ഉണ്ടോ വെറും കൽപ്പിതമുണ്ട് കൽപ്പിതമായ എങ്ങനെ അവിടെ ഫലവ്യാപ്തി വരുന്നു സാക്ഷി പ്രകാശിപ്പിക്കുന്നതിൽ അവിടെ തഥാകാര വൃത്തി സ്വയം വൃത്തിയാണ് സുഖതുക്കങ്ങൾ സ്വയം വൃത്തിയാണ് എന്തുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു സുഖതുകാര വൃത്തി ഉണ്ടെന്നും ഇല്ലെന്നും ഭക്ഷണമുണ്ട് കേട്ടോ അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി വയ്ക്കാം സുഖദുഃഖാകാരമായ വൃത്തി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് വൃത്തിയാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട അവിടെ ഫലവ്യാപ്തിയില്ല ചിതാകാശം പ്രകാശിപ്പിക്കുന്നില്ല സാക്ഷി തന്നെ അത് അധ്യസ്ഥമായതുകൊണ്ട് സാക്ഷിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നുവെച്ചാൽ സൂര്യന്റെ വെളിച്ചത്തിൽ ഇരിക്കുന്ന ഇതിനെ പ്രകാശിപ്പിക്കാൻ മെഴുകുതിരിയുടെ വട്ടത്തിന്റെ ആവശ്യമുണ്ട് മെഴുകുരി വട്ടത്തിന്റെ ആവശ്യമുണ്ട് അതുപോലെ സൂര്യപ്രകാശത്തിലാണ് സ്വതൂപ്പങ്ങളിരിക്കുന്നത് അവിടെ പിന്നെ ചിതാഭാസന്റെ ആവശ്യമില്ല ചിതാഭാസം അതിനെ പ്രകാശിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഫലവ്യാപ്തി ഇല്ല ഫലവ്യാപ്തി ഇല്ലെങ്കിൽ അവേദ്യമായി രജ്ജു സർപ്പമെന്ന് പറയുമ്പോൾ സർപ്പമെന്ന് പറയുന്നൊരു സാധനമേ അവിടെ ഇല്ല അതുണ്ടായിട്ട് വേണ്ടേ ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടാവാൻ വേണ്ടേ പിന്നെ ഈ രജ്ജു സർപ്പത്തെ സംബന്ധിച്ചും ചോദ്യം വരും അത് പുറത്താണോ ഉള്ളിലാണോ ഉള്ളിലല്ലേ സർപ്പ അനുഭവമല്ലേ അല്ല പുറത്ത് അവിടെ സർപ്പമല്ലായിരിക്കുന്നു അത് ഇന്നും മറ്റൊരു വിഷയമാണ് വേദാന്ത പരിഭാഷയിലൊക്കെ അത് ചർച്ച ചെയ്യും അത് സർപ്പം സാക്ഷിയിലാണ് എന്താണ് അവിദ്യാവൃത്തിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് അങ്ങോട്ട് പോകേണ്ട കാര്യവുമില്ല നമുക്കിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ എന്താണോ അവിടെ ഫലവ്യാപ്തിയില്ല രജ്ജു സർപ്പത്തിൽ അതുകൊണ്ടത് അവേദ്യം ആണ് പിന്നെ അപരോക്ഷ്യോഹാരോഗ്യത്തെ ഇത് എല്ലാത്തിനുമുണ്ട് സർപ്പത്ത് നോക്കിയിട്ട് ഒരു ഇതാ ഞാൻ പ്രത്യക്ഷമായി കാണുന്നു ഇവിടെ ഒരു സർപ്പം കിടപ്പുണ്ട് അപരോക്ഷ്യോഹാരോഗ്യത്വമുണ്ട് സൂതുക്കാദികളിലുണ്ട് അജ്ഞാനത്തിലുണ്ട് മനസ്സിലുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് മനസ്സിനെടുത്താൽ എല്ലായിടത്തും അപരോക്ഷ വ്യവഹാര യോഗ്യത്വമുണ്ട് അവേദ്യത്വം എന്ന് പറയുന്ന പ്രത്യേകം മനസ്സിലാകണം എന്തുകൊണ്ട് ഫലവ്യാപ്തില്ല അറിയുന്നില്ല എന്നുള്ള അർത്ഥമല്ല സുതൃത്വങ്ങളെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അവിടെ ഫലവ്യാപ്തി ഇല്ല അതാണ് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അറിയുന്നില്ല എന്ന് മാത്രമല്ല അപരോക്ഷമായി അറിയുന്നുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളെയും അറിയുന്നെങ്ങനെ അപരോക്ഷമായി അറിയുന്നു അതുകൊണ്ട് ഇതിനെല്ലാം പറയുന്നു സാക്ഷിഭാസ്യം എന്നുവെച്ചെങ്ങനെ അറിയുന്നു ഉള്ളിലിരിക്കുന്ന കൂടസ്ഥ ചൈതന്യം തന്നെ ഇതിനെ പ്രകാശിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്ന അറിവാണോ അനുവ്യവസായം അനുവ്യവസായത്തെ അത്വിധി സ്വീകരിക്കുന്നു ൂറ് പറ്റില്ല അങ്ങനൊരു ഇടപാടേ ഇല്ല അത് കാർക്കികന്റെ പൊട്ടത്തു അദ്വൈതിക്ക് അനുഭവ അദ്വൈതയെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നു അതുകൊള്ളാം തറക്കിയനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത് അദ്വൈതി അദ്വൈതിയുടെ നില അതുക്കും മേലെയാണ് ഇവിടെ അവൈദ്യത്വസ്ഥ അപരോക്ഷകാര യോഗ്യത്വം വന്നത് മനസ്സിലാക്കുക പിന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ദോഷം പരിഹരിക്കുന്നത് മനസ്സിലാക്കുകനു ണം അന്ധകർണധർമ്മമായ ഇച്ഛാദികളിൽ കൂടാതെ ശക്തിരജതാധിഷ്ഠിച്ച ഭ്രാന്തി സ്ഥലത്ത് ലക്ഷണ അതിവ്യാപ്തി തണത്തിന്റെ അതിവ്യാപ്തി തത് അവസ്ഥ അതിവ്യാപ്തി തഥവസ്ഥ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നേണ്ടതാണ് അതിവ്യാപ്തി തഥവസ്ഥ ഏ കേട്ടില്ല അത് തന്നെ അതല്ലേ അതിവ്യാപ്തി തഥവസ്ഥ അത് സംഭവിക്കുന്ന സ്ഥലം സിമ്പിളായ കാര്യങ്ങളെ ഭാഷയിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ വാചകോടി മാത്രം കേട്ടോണ്ടിരുന്ന പോരാ പൂർവാവസ്ഥ മുമ്പ് വന്നല്ലേ അവസ്ഥ എന്റെ അതിവ്യാപ്തി അതിനും വീണ്ടും പറയണം തഥവസ്ഥാ പഴയ അവസ്ഥ എന്ന് വെച്ചാൽ ഉണ്ട് പരിഹരിക്കപ്പെടുന്നില്ല അങ്ങനെ പൂർവാവസ്ഥ അന്നും ആരും വ്യാഖ്യാനിച്ചു തരില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് തൊട്ടും പോകുന്ന അതിവ്യാപ്തി അവസ്ഥ ഇപ്പോഴും അതുപോലെ തന്നെ നിങ്ങള് പരിഷ്ക്കരിച്ചെന്ന് പറഞ്ഞല്ലോ ശങ്കരം ഏഹ് അതെ ശങ്കരം പിന്നെയും തെങ്ങി തന്നെ തേഷാം അഭി ഫലം വ്യാപ്യത്വ അഭാവേന അവിധ്യത്വ എങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കുന്നു തേഷാം അഭി ദേശാം എന്ന് പറഞ്ഞാൽ ഓ ഷുച്ച അതിനെയാണ് പറയുന്നത് അവയ്ക്കും ഫലം വ്യാപ്യത്വഭാവേന അവയിലും ഫലവ്യാപ്യത്വം ഇല്ല അവേദ്യ അവേദ്യത്വം യോജിച്ചു പിന്നെ അഹമജ്ഞ ഇത്യാദി അപരോക്ഷരോഗ്യത്വം അപരോക്ഷകാരോഗ്യത്വംന്ന് അന്നുകൊണ്ട് അഹം അജ്ഞ അഹം സുഖി അയം സർപ്പഹ ഇങ്ങനെ അപരോക്ഷകാരോഗ്യത്വം വന്നു അന്ധകർണമെന്ന് പറഞ്ഞു മനസ്സ് അഹം ജാനാമി എന്നുള്ള മനസ്സല്ലേ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ധക്കരണം ഇതെല്ലാം അന്ധകരണത്തിന്റെ പ്രത്യക്ഷമാണ് അന്തക്കർണ വൃത്തിയുടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അന്ധകർണത്തിന്റെ പ്രത്യക്ഷം മനസ്സിന്റെ പ്രത്യക്ഷ മനസ്സിന്റെ പരിണാമം എന്ന് പറയുന്നു മൃത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താ മൃത്ത് തന്നെ അതുപോലെ പറയുന്നു സത്യം എന്ന് പറഞ്ഞാൽ എന്താംഗീകാരം ആ എല്ലാം സത്യം ഒന്നല്ല പിന്നെ ഒന്നും പറയാനില്ലല്ലോ ലക്ഷണം ചർച്ച കൂടെ തീരും ശരി നമ്മൾ സാധാരണ എന്തെങ്കിലും പറയുമ്പോ പറയാറുണ്ടല്ലോ നമ്മളോട് പറയുന്നത് നമുക്ക് യോജിക്കില്ലെങ്കിലും പറയും ശരി എന്ന് പറഞ്ഞ ശരിയെന്നല്ല അത് ശരിയല്ല എന്നാലും നമ്മൾ എന്തേ പറയത്തുള്ളൂ ശരി ഇനി പറയാം അതുപോലെയാണ് സത്യം ശരി അവേദ്യത്യവി ഇന്ന് അപരോക്ഷ്യോഹാരോഗ്യത ദേഷാം കുറച്ച് ശരിയുണ്ട് എന്താണ് അവേദ്യത്വുണ്ട് ഞങ്ങൾ പറഞ്ഞ ശരിയാണ് എങ്കിലും എന്നുവെച്ചാൽ അവേദ്യത്വം അവിടെയുണ്ട് ഇവിടെ ഒന്നും ബലവ്യാപ്തി ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിച്ചു പക്ഷേ ഇന്ന് അപരോക്ഷ വ്യവഹാര യോഗ്യത ദേഷാം അവനൊന്നും അപരോക്ഷ വ്യവഹാരയോഗ്യത്വം ഇല്ല ഈ പറഞ്ഞ ഒരു സ്ഥലത്തും അതുകൊണ്ട് എന്താ ഗുണം അതിവ്യാപ്തില്ല ലക്ഷണോടെ സമന്വയിക്കില്ല അവൈദ്യത്വം മാത്രം കൊണ്ട് സമന്വയിക്കും ഇല്ലല്ലോ ലക്ഷണത്തിൽ രണ്ടുമുണ്ട് വിശേഷവും വിശേഷണവും ഉണ്ട് വിശേഷണാംശം സമന്വയിക്കുന്നു പക്ഷെ വിശേഷ്യം സമന്വയിക്കുന്നില്ല അവിടെ അപ്രോക്ഷോഹാരോഗ്യത്വം ഇല്ല എന്താ കാരണം അധ്യസ്ഥതയേം സിദ്ധേ ഇതെല്ലാം അധ്യസ്ഥമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അതാ സംഭവം അധ്യസ്ഥമായി ശ്രദ്ധിക്കുന്നത് അതായത് സാക്ഷിയിൽ അധ്യസ്ഥമാണ് സുഖം ദുഃഖം എടുക്കുക അല്ലെങ്കിൽ അജ്ഞാനത്തെടുക്കുക സാക്ഷിയിൽ അധ്യസ്ഥമാണ് അങ്ങനെ സിദ്ധമായതുകൊണ്ട് അവിടെ അപരോക്ഷോപാരയോഗ്യത്വം ഇല്ല അധ്യസ്ഥമായി സിദ്ധമാകുന്ന ഒന്നിനും തന്നെ അപരോക്ഷോഹാരോഗ്യത്വം ഇല്ല അതാണ് സിദ്ധാന്തം ഞങ്ങളുടെ സിദ്ധാന്തം അതാണ് സാക്ഷിയിൽ അധ്യസിക്കുന്ന ഒന്നിനും തന്നെ അപരോക്ഷോഹാരോഗ്യത്വം ഇല്ല ഇല്ല അതോടൊപ്പം തന്നെ പ്രാതിഭാസികമായ ഒന്നിനും അപരോക്ഷോഹാരോഗ്യത്വം ഇല്ല ഏത് രചതം തന്നെ അതിന് വ്യാവഹാരികത്വം ഇല്ലല്ലോ കേവലം പ്രാതിഭാസികത്വമില്ല അതിനുമില്ല അപരോക്ഷോഹാരോഗ്യത്വം പിന്നെ സാക്ഷിയിൽ അധ്യസിച്ചിരിക്കുന്നതിനുമില്ല ചെയ്ത് സാക്ഷിയിൽ നേരിട്ട് അധ്യസിക്കുക കാരണം ീ പറയുന്ന എല്ലാ അനുഭവങ്ങളും ഇല്ല ഉള്ളിലല്ലേ ഉള്ളിലാണല്ലോ അനുഭവിക്കുന്നു അതുകൊണ്ട് അതിനൊന്നും അപരോക്ഷരോഗ്യത്വം ഇല്ല അധ്യസ്ഥതയായവ ഏഷാ സദ്യ ഞാൻ എന്തൊക്കെ അപ്പോ പൂർവോഷിയോഗാപി അപരോക്ഷമിതി വ്യവഹാര ദർശനത്തത് യോഗ്യതാത്ര കല്പിനീയായി അതെങ്ങനെയാ പറയുന്നു അനുഭവം കൂടെ നോക്കില്ലേ അജ്ഞാനത്തെ കുറിച്ച് ഞാൻ പറയുന്നു അജ്ഞാനം ഞാൻ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു സോതുക്കാദികൾ വരുമ്പോൾ ഞാൻ പറയുന്നു ഓ സുഖം ഞാൻ അനുഭവിക്കുന്നു ദുഃഖം ഞാൻ അനുഭവിക്കുന്നു അപ്പൊ നമ്മുടെ അനുഭവത്തിനുള്ള കാര്യമാണ് അത് ഇല്ല അധ്യസ്ഥമായതുകൊണ്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റും ശരിയല്ലേ നമ്മൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്നോണ്ടാണ് പറയുന്നത് സുഖം അപരോക്ഷമാണ് സിദ്ധാന്തി പറയുന്നു പക്ഷെ അവിടെ അപരോക്ഷ യോഗ്യത ഇല്ലെന്ന് പിന്നെ എങ്ങനെ അനുഭവിക്കുന്നു അതാണ് കുറോക്ഷി ചോദിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ട് അപരോക്ഷമല്ലെന്നങ്ങനെ പറയും ശരിയല്ലേ കുറോക്ഷിയുടെ ചോദ്യം എന്താ സമാധാനം പറയും ഉപക്ഷി ചോദിച്ചത് ശരിയാണോ ആണോ അപരോക്ഷമായി സുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പം അത് അപരോക്ഷറിയൊക്കെ അല്ലാതെ നിങ്ങൾ എങ്ങനെ പറയും എന്നാണ് ഈ ചോദ്യം ശരിയാണോ ശരിയാത്തരവ് എന്ത് പറയും അതറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കും ചോദിച്ചു എന്ന് വിചാരിക്കാൻ പറഞ്ഞില്ലേ എല്ലാത്തും കയറി പറയരുത് അറിയാമെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ അറിയാത്തോണ്ടേന്നിരിക്കുന്നു വെറുതെ അങ്ങ് ചോദിച്ചെന്നുള്ളതേ ഉള്ളു എന്തെങ്കിലും പറയുവെന്ന് അറിയാൻ വേണ്ടി അതാണ് അടുത്ത് പറയുന്നത് ആര് പറയുന്നു രജതാദി വ്യവഹാര അയോഗ്യവി യോഗ്യന്നാക്കിക്കൊള്ളേ ക്ഷമിച്ച് കളഞ്ഞിട്ട് രജതാദിവ്യവഹാര അയോഗ്യകലാദോ രജതാദി വ്യവഹാര ദർശനാ അതാണ് അന്ധി പറയുന്ന ഒരു കാര്യം അന്ധുവി പറയുന്ന ഒരു കാര്യമാണ് ഇത് എല്ലായിടത്തും ബാധമാണ് എല്ലാവർക്കും ബാധമാണ് അതായത് സുഖം ദുഃഖം തുടങ്ങിയ അനുഭവം അപരോക്ഷമാണ് അപരോക്ഷ അനുഭവം ഉണ്ട് എന്നല്ലേ പുറൂഷ് പറയുന്നു അല്ലേ അപ്പൊ അപരോക്ഷ അനുഭവം ഇല്ലെന്ന് സിദ്ധാന്തിക്ക് പറയാൻ പറ്റുമോ പറ്റൂ ഇല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ത് പറയുന്നു അതിത്രേ ഉള്ളൂ അപരോക്ഷ വ്യവഹാരത്തിന് യോഗ്യത ഇല്ലാത്തടത്ത് അപരോക്ഷ അനുഭവം ഉണ്ടാകുന്നു ഉള്ളൂ എന്താണ് പറഞ്ഞു മനസ്സിലായില്ല അപരോക്ഷ വ്യവഹാര യോഗ്യത ഇല്ലാത്തടത്ത് അപരോക്ഷ വ്യവഹാരം ഉണ്ടാവുന്നു അപ്പോഴാണ് പൂർവ്ജോക്കുന്നത് പറയുന്നത് അത് തന്നെ അതാണ് പൂർവിച്ചോ നിങ്ങള് പറയുന്നത് വ്യക്തമായി പറയണം നിങ്ങൾക്ക് അപരോക്ഷ വിവഹാര അനുഭവം ഉണ്ടോ ഉണ്ട് അപ്പൊ അപരോക്ഷ യോഗ്യതയില്ലേ ഇല്ല അനുഭവം ഉണ്ട് അപരോക്ഷ അപരോക്ഷ അനുഭവമുണ്ട് പക്ഷെ അവരോഷം വളരെ യോഗ്യ അതെന്താ അതങ്ങനെയാണ് അനുഭവം ഉണ്ട് പക്ഷെ യോഗ്യതയില്ല എന്നാ ഞങ്ങള് പറയുന്നു ഏ്യ അത് പറയുന്ന ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ശുക്തി ശുക്തി എന്ന് പറയുന്നത് ശുക്തി വ്യവഹാരത്തിന് യോഗ്യമായൊരു വസ്തുവാണ് രജത വ്യവഹാരത്തിന് യോഗ്യമാണോ പക്ഷേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നില്ലേ എന്ത് രജതമാണെന്ന് ഇപ്പൊ രജത വ്യവഹാരത്തിന് യോഗ്യമല്ലാത്ത ശക്തിയിൽ രജത വ്യവഹാരം ഉണ്ടാകാമെങ്കിൽ അപരോക്ഷ വ്യവഹാരത്തിന് യോഗ്യം അല്ലാതെ അല്ലാത്ത സുഖത്തിൽ അപരോക്ഷ വ്യവഹാരം ഉണ്ടാകാം നമുക്ക് ചോദിക്കുക അതെന്താ ശുക്തിയിൽ എന്തായാലും സമ്മതിച്ചല്ലേ പറ്റൂ ശുക്തി ശരിയാണ് ശുക്തിയിൽ അവിടെ ശുക്തിയുടെ അപരോക്ഷ വ്യവഹാരമാണ് ഉണ്ടാവേണ്ടത് രജതത്തിന്റെ അപരോഷോഹാരം അല്ല പക്ഷെ ശുക്തിയിൽ രജതത്തിന്റെ അപരോക്ഷോപാര യോഗ്യത ഇല്ലെങ്കിലും രജത അപരോക്ഷം ഉണ്ടാകുന്നുണ്ട് എന്തതിന് കാരണം അധ്യാസം എന്നുവെച്ചാൽ അവിടെ ശുക്തിയിൽ രചതത്തെ അധ്യസിച്ചിരിക്കുകയാണ് അപ്പൊ എവിടെയാണോ അധ്യാസമുള്ളത് അവിടെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരും അപ്പോ സാക്ഷിയിൽ സുഖത്തെ അധ്യസിച്ചിരിക്കുകയാണ് എങ്ങനെയാണോ ശക്തിയിൽ രജതത്തെ ശുക്തിയിൽ രജതത്തെ അധ്യസിച്ചിരിക്കുന്ന അതുപോലെ സാക്ഷിയിൽ സുഖദുക്കാതി സുഖതുക്കാതികളെ അധ്യസിച്ചിരിക്കുകയാണ് അധ്യസിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ യോഗ്യത അല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെയാണ് എന്നുവെച്ചാൽ അവിടെ അപരോക്ഷഹാരോഗ്യതയില്ലെങ്കിലും അപരോക്ഷ ഉപഹാരം സംഭവിക്കും അത് അധ്യാസത്തിന്റെ പ്രത്യേകതയാണ് ഇതിൽ ഗുരുവാനം പിടിച്ച സംഗതിയാണ് നമ്മളിവിടുന്ന് പെട്ടെന്ന് ചാടിപ്പോകുന്നതാണ് നല്ലത് കൂടുതൽ വിശദീകരിക്കാൻ പോകേണ്ട തൽക്കാലം മുമ്പ് ഇനി മുമ്പോട്ട് വരും അധ്യാസത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ വലിയ ഭാരമെടുത്ത് തലയിൽ വയ്ക്കണ്ട അപ്പൊ ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അധ്യാസ സ്ഥലത്ത് അപരോക്ഷ വിഹാര യോഗ്യതയില്ലെങ്കിലും അപരോക്ഷത വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണോ ശുക്തിരഹിതത്തിൽ ആ ശുക്തിയിൽ രചത വ്യവഹാര യോഗ്യതയില്ലെങ്കിലും രജിത വ്യവഹാരമുണ്ട് അതുപോലെ ഇവിടെ അപരോക്ഷ യോഗ്യതയില്ലെങ്കിലും അപരോക്ഷ വ്യവഹാരമുണ്ട് അതാണ് അഹം സുഖി എന്ന് പറയുന്നത് രണ്ടടത്തും പൊതുവായിരിക്കുന്ന എന്താണ് അത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഇപ്പോ ഉള്ളിലിരിക്കുന്ന സാക്ഷി സ്വയം അപരോക്ഷമാണ് അതിൽ അധ്യസിച്ചിരിക്കുന്നു സുഖത്തെ എന്തുവച്ച സാക്ഷിയുടെ അപരോക്ഷത സുഖത്തിലൊന്നും അപ്പൊ സുഖത്തിൽ അനുഭവിക്കുന്ന അപരോക്ഷത എന്ന് പറയുന്നത് സുഖത്തിന്റെ അപരോക്ഷത അല്ല വിനെയോ സാക്ഷിയുടെ അപരോക്ഷതാണ് പറയുന്നത് അപരോക്ഷമായിരിക്കുന്നതിവിടെ ഒന്നിനെ സ്വീകരിക്കുന്നുള്ളു അപരോക്ഷമായിട്ട് സാക്ഷിയെ മാത്രം സുപ്രകാശിതമാ അതിൽ നേരിട്ട് അധ്യസിക്കുന്ന ഒരു വസ്തുവിൽ അപരോക്ഷ അനുഭവം വരുന്നതിൽ ദോഷമൊന്നുമില്ല അത് അധ്യസിച്ചിരിക്കുന്നോണ്ട് വരുന്നതാണ് ഇതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കും ഏതിനെ അപരോക്ഷതയെ സാക്ഷിയുടെ അപരോക്ഷതയെ സുഖതുക്കാദികളിലേക്ക് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് അവിടെ വരുന്നു അതാണ് പറഞ്ഞത് അപരോക്ഷ വ്യവഹാര യോഗ്യത അവിടെ ഇല്ലെങ്കിലും അപരോക്ഷ വ്യവഹാരം ഉണ്ടാകുന്നു അപ്പം അപരോക്ഷ വ്യവഹാരയ്ക്ക് വ്യവഹാരത്തിന് യോഗ്യമായ സാക്ഷി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ സാക്ഷിയിലെ അപരോക്ഷത സുഹതുക്കാദികളിലേക്ക് അധ്യസിച്ചിട്ട് സുഹതുക്കാദികളെ അപരോക്ഷം എന്നറിയുന്നു ഇത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് അവിടെ മനസ്സിലായില്ലെങ്കിൽ ശുക്തിരജത്തിൽ നോക്കുക അവിടെ മനസ്സിലാവും അവിടെ രജത വ്യവഹാരത്തിന് യോഗ്യമല്ല ശുക്തിശകലം പക്ഷേ ആ ശക്തിശകലത്തിൽ രജത വ്യവഹാരം കാണും അല്ല വ്യവഹാരത്തിന് യോഗ്യമല്ല സുഖം പക്ഷേ ചൈതന്യത്തിൻ്റെ അപരോക്ഷത ഇതിന് ആരോപിച്ചിട്ട് അന്യോന്യാധ്യാസം കൊണ്ട് സുഖത്തെ ചൈതന്യത്തിൽ ആരോപിച്ചു ചൈതന്യത്തിന്റെ അപരോക്ഷത എവിടെ ആരോപിച്ചു സുഖത്തിൽ അന്യോന്യാധ്യാസം എന്നിട്ട് നമ്മളീ പറയുന്നത് ആ അപരോക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചൈതന്യത്തിന്റെ അപരോക്ഷതയാണ് പക്ഷെ ചേർത്ത് പറയുന്ന എന്തിനോട് സുഖത്തോടെ എന്നിട്ട് പറയുന്ന സുഖം അപരോക്ഷമാണ് അപ്പൊ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് പറയുന്നതിൽ അല്ലേ അപ്പൊ ഒരു വിഷയത്തിൽ നിന്നുണ്ടായ സുഖവും ആ അത് ചൈതന്യത്തിൽ ചൈതന്യത്തിന്റെ സുഖമാണെന്നർത്ഥമല്ലേ ചൈതന്യത്തിന്റെ സ്വരൂപമായ സുഖമാണ് അല്ല സുഖം എന്ന് പറയുന്ന ഒരു വൃത്തിയാണ് അതിന്റെ സ്വരൂപം തന്നെ സുഖമാണ് ആ വൃത്തി കാരണം അതുപോലെ തന്നെ ദുഃഖവൃത്തിയും വരുന്നുണ്ടല്ലോ ഇവിടെ സുഖം ദുഃഖം എന്ന് പറയുന്ന നന്ദക്കരണ പരിണാമ രൂപത്തിന്റെ സുഖ ദുഃഖങ്ങളെയാണ് അപ്പോ അഹം സുഖിന്നുള്ളതുപോലെ തന്നെ അപരോക്ഷ വ്യവഹാരം അപ്പൊ ആ സുഖം ചൈതന്യമാണെന്ന് പറഞ്ഞാൽ ദുഃഖവും ചൈതന്യമാകും ആകൂട്ടില്ല അതുകൊണ്ട് അതന്നെ അന്ധകരണ വൃത്തികളാണ് അന്ധകരണം അങ്ങനെ പരിണമിക്കുന്നു പക്ഷെ ഇവിടെ പറയുന്ന സുഖ ദുഃഖങ്ങളെ കുറിച്ചല്ല വിനയോ അപരോക്ഷത ഇത് സുഖത്തിനും ദുഃഖത്തിനും സമാനമാണ് ചൈതന്യത്തിൽ ദുഃഖത്തെ അധ്യസിച്ചു ചൈതന്യത്തിന്റെ അപരോക്ഷത ഇവിടെ വന്നു ദുഃഖത്തിൽ അതുകൊണ്ട് പറയുന്നു നണഹം ദുഃഖീ ദുഃഖം ചൈതന്യമായതുകൊണ്ടല്ല അത് രണ്ടും രണ്ടു തന്നെ ഈ പറയുന്ന സുഖം ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അതാണ് ആ സുഖം ദുഃഖമല്ല സുഖം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത സുഖമാണ് അത് സുഖം ഈ പറയുന്ന സുഖം ദുഃഖം ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ അഹം സുഖി എന്ന് പറയാൻ പറ്റില്ല മനസ്സിലാവേ അഹൻ സുഖി എന്നുള്ള അനുഭവം നിരുദ്ദേശീയ ആനന്ദത്തിൽ ഉണ്ടാകത്തില്ല അങ്ങനെയാണെങ്കിൽ അകം സുഖി ദുഃഖി എന്ന് പറയുമ്പോഴും നിരുദ്ദേശീയ ദുഃഖമാണ് ആത്മാവെന്ന് പറയേണ്ടി വരുമോ അതൊക്കെ പൊട്ടത്തരങ്ങൾ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണോ എന്താണ് മലയാളം പോലും അറിയില്ല തള് ൊന്നുമില്ല ഈ പറയുന്നതനുസരിച്ച് ചിന്തിച്ചു നോക്കുമ്പോ നടക്കുന്ന കാര്യങ്ങളല്ല അത് എന്താണ് സുഹൃത്തിയിലെ നിരായാസ സ്ഥിതിയാണ് പറയുന്ന ഒരു ആയാസങ്ങളും ഇല്ല എല്ലാ ഇറക്കി വെച്ച് റെസ്റ്റ് റെസ്റ്റ് ഇൻ ആർ ഐ പി കേട്ടിട്ടുണ്ടാക്കുന്നു അത്രേയുള്ളൂ ആർ ഐ പി ആണ് ഈ പറയുന്നത് എന്താ ഞാൻ നിരുപാധികമായ ബ്രഹ്മനന്ദത്തെ അനുഭവിക്കുന്നു പറഞ്ഞാൽ എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ആറൈപി ക്ലോസ് അങ്ങനെ ആരെങ്കിലും പറയുന്നത് മനസ്സിലായേക്കോ ആർ ഐ പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അവരത് അടിക്കുമ്പോ ആനിയടിക്കുമ്പോ വേറെ അതായിക്കോട്ടെ രാത്രി ഇറങ്ങി പോകരുത് ഏഹ് രാത്രി ഇറങ്ങി പോകരുത് വേർത്തി എഴിഞ്ഞു കൊഴപ്പല്ലേ അങ്ങനെയൊക്കെയാണ് അങ്ങനെയും കേട്ടിട്ടുണ്ട് അത്രേയുള്ളൂ ഈ ധർമാനന്ദത്തെ അനുഭവിക്കുന്നു പറഞ്ഞു ബാക്കിയെല്ലാം ആനന്ദം ആനന്ദം അനുഭവിക്കുന്നുണ്ടല്ല ആനന്ദമൊക്കെ എവിടത്തെ ആനന്ദമാണോ അന്തരണത്തിലും ആനന്ദം പലതരത്തിലുണ്ട് ണത്തിൽ കെട്ട് കണക്കിന് ആനന്ദം കിടപ്പുണ്ട് എടുത്തനുഭവിച്ചോണ്ടാവുന്നേ ഒരുപാട് സ്റ്റോക്കുണ്ട് അത് അനുഭവിച്ചിട്ട് അത് ബ്രഹ്മനന്ദം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല അപ്പൊ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപാനന്ദം അതേ അർത്ഥം അത് സംവേദ്യമായ ആനന്ദം അല്ല ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് um mm -hmm.